വേദക്കാരിലുണ്ട് ഇലർ അള്ളാഹുസുബഹാനഹൂവചായാലയിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു അവർ അള്ളാഹു സുബഹാനഹൂവചായലയ്ക്കു മുൻപിൽ വിനീതരാണ് അള്ളാഹു സുബഹാനഹൂവ ചായലയുടെ ദൃഷ്ടാന്തങ്ങളെ അവർ തുച്ഛമായ വിലക്കു വിൽക്കുകയുമില്ല അങ്ങനെയുള്ളവർക്ക് അവരുടെ രക്ഷിതാവിൻറെ പക്കൽ പ്രതിഫലമുണ്ട് തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവചായാല കണക്കുകൂട്ടുന്നതിൽ അതിവേഗത്തിലാണ്